ൈവവചനത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പ്രത്യേകിച്ച് നമ്മളോട് ആദ്യം പറഞ്ഞ വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയെക്കുറിച്ച് ഞാൻ പറഞ്ഞ ആ കാര്യം ത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയുണ്ടായി ഞാൻ വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ ചേർത്ത് പങ്കുവയ്ക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു ഇവിടെയുള്ള ചില പ്രയോഗങ്ങൾ ഒന്ന് ഏഷ്യാവിൻ്റെ പുസ്തകം അറുപത്തി ഒന്നാം അധ്യായത്തിൽ എളിയവരോട് എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ എളിയവരോടാണ് ലൂക്കോസിലത് ദരിദ്രന്മാരോട് എന്ന് പറയുന്നു അത് കഴിഞ്ഞ് മൂന്നാമത്തെ ബാക്കിയത്തിൽ ഇങ്ങനെയുണ്ട് സിയോനിലെ ദുഃഖിതന്മാർക്ക് ഞാൻ ഈ നമ്മൾ കേട്ട കാര്യങ്ങൾ നമ്മുടെ സിയോനിൽ ദുഖത്തോടുകൂടെ ഇരിക്കാനായിട്ട് സാധ്യതയുണ്ട് ദൈവസഭയിലായ ശേഷവും സിയോനിൽ ദുഃഖത്തോടുകൂടെ ഇരിക്കുന്നവർക്കും വിഷണ്ട മനസ്സോടുകൂടെ സിയോനിൽ വിഷണ്ട മനസ്സോടുകൂടെ ഇരിക്കുന്നവർക്ക് യേശു കർത്താവ് സ്തുതി എന്ന മേലാട യേശു കർത്താവ് സമാധാനവും സന്തോഷവും കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു അതും ഞാൻ എളിയവനായിട്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്നാൽ എളിയവനായിട്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്നാൽ ഞാൻ സിയോനിലും ഞാൻ ദുഃഖിതനായിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല എന്നെ സംബന്ധിച്ചോളം എനിക്ക് വിഷണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാട നമ്മൾ ഈ രണ്ട് ഗുരുന്തിയർ അഞ്ചാം അധ്യായത്തിൽ നിന്ന് ബ്രദർ വായിക്കുകയുണ്ടായി അവിടെ രണ്ട് ഗുരുന്തീയർ നാലാം അധ്യായത്തിൽ അതിൻ്റെ അവസാന ഭാഗത്തെ വാക്യവും നാം വായിച്ചു നാം വിശ്വാസത്താൽ സ്തുതിയോട് കൂടെയാണ് നമ്മുടെ വിഷണ്ട മനസ്സിനെ ഓർക്കം ചെയ്യുന്നത് എന്നൊക്കെ നാം കേൾക്കുകയുണ്ടായി എന്നാൽ ഞാൻ അതിനോട് ചേർന്ന് മറ്റ് ചില ഒരു രണ്ട് കാര്യങ്ങളും കൂടെ ഞാനവിടെ പറയുന്നു പലതരത്തിലുള്ള പ്രയാസത്തിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ് പൗലൂസ് പൗലോസ് അതിലൂടെ കടന്നു പോയതിനു പറയുന്നു എട്ടാം വാക്യം നാലാം അധ്യായത്തിൻ്റെ രണ്ടു ഗുരുതര ഞങ്ങൾ സകല കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവരെങ്കിലും ഞങ്ങൾ നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഞങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണ് കിടക്കുന്നവരെങ്കിലും ഞങ്ങൾ നശിച്ചു പോകുന്നില്ല യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു ഞങ്ങളുടെ മർത്യശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു അപ്പോൾ ജീവിതത്തിൽ ഉടനീളം പലതരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ പ്രയാസങ്ങളിലൂടെ കഷ്ടങ്ങളിലൂടെ തെറ്റിദ്ധാരണകളിലൂടെ ഒക്കെ കടന്നു ആ വഴിയിൽ ആ വഴിത്താരയിൽ അതിലൂടെ കടത്തിവിട്ട് കർത്താത് നമുക്ക് നാം എളിയവരായിട്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെന്നാൽ നമുക്ക് ദുഃഖത്തിന് പകരം നാം ഒരു വിഷണ്ണ മനസ്സിന് പകരം നാം ഒരു മുറിവേറ്റിരിക്കുന്നവരെ പോലെ പകരം സമാധാനവും സ്തുതി എന്ന മേലാടയും ദൈവത്തിന് നമുക്ക് തരുവാനായിട്ട് കഴിയും അപ്പോൾ അതിനെ തുടർന്ന് അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത് എന്താ പതിനാറ് വാക്യം അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു എന്നിട്ട് പറയുന്നു ഞങ്ങളുടെ കഷ്ടത്തെക്കുറിച്ച് പറയുമ്പോൾ നോട്ടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസിൻ്റെ നിത്യ ഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു എന്ന് പോലൂസ് പറയുന്നു പ്രിയ സൂര് സര നമ്മൾ ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി അതിൻ്റെ മധ്യത്തിൽ നമ്മളൊരു വിഷണ്ണ മനസ്സായിട്ട് നമ്മളിരിക്കാനല്ല അതിൻ്റെ മധ്യത്തിൽ കൂടെ ഞങ്ങൾ ഞാൻ നമ്മൾ ഓരോരുത്തരും ഞാൻ എൻ്റെ ഇഷ്ടമല്ല എൻ്റെ വഴിയല്ല ഞാൻ ഒരു മരണത്തിൻ്റെ വഴിയിൽ ഞാനൊരു എന്നെ തന്നെ വിട്ടുകൊടുക്കുന്നൊരു വഴിയിൽ ഞാൻ പോയാൽ ഞാൻ അവിടെ ഒരു വിഷണ്ട മനസ്സോടെ ഞാൻ ഇരിക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഒരു സ്തുതി എന്ന മേലാടിയോടുകൂടി സമാധാനത്തോടുകൂടി ഇരിക്കാനായിട്ട് കഴിയും നമ്മൾ നയമാനെക്കുറിച്ച് വായിച്ചു നയമാനെക്കുറിച്ച് വായിച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ നയമാനെക്കുറിച്ച് ഒരു കാര്യം കൂടെ ഞാൻ പെട്ടെന്ന് കാണിക്കാം നയമാന് ദൈവം വളരെയധികം സന്തോഷവും സമാധാനവും അനുഗ്രഹവുമാണ് ദൈവത്തിന് നയമാനെക്കുറിച്ച് ദൈവത്തിൻ്റെ ഹൃദയത്തിലെ താല്പര്യം ആയിരുന്നത് ആ രീതിയിൽ അങ്ങനെ ആ രീതിയിലായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു അതിനാണ് ദൈവം അവൻ്റെ കുഷ്ഠരോഗത്തിൻ്റെ മധ്യത്തിൽ ഒരു പ്രവാചകന്റെ അടുക്കിലേക്ക് അവനെ വിടുന്നത് എന്നാൽ ഇതാ രണ്ടു പൊരിന്തൊരു അഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ സോറി രണ്ട് രാജാക്കന്മാർ അഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഈ നയമാൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക നയമാനോട് പറയുന്നത് അഞ്ചാം അധ്യായത്തിലാണ് രണ്ട് രാജാക്കന്മാർ അഞ്ചാം അധ്യായം ഏലിശ ആളയച്ച് നയമാനിത രഥത്തോടും കുതിരകളോടും കൂടെ യലിശയുടെ വീട്ടുവാതിൽക്കൽ നിൽക്കുന്നു ഒൻപതാം വാക്യം എന്നിട്ട് നയമാൻ്റെ അടുത്ത് രഥങ്ങൾ യലിശ ആളയച്ച് നീ ചെന്ന് യോർദാനിൽ ഏഴു ഏഴ് പ്രാവശ്യം കുളിക്കുക അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെയായി നിശുദ്ധനാകും എന്ന് പറഞ്ഞു ഒരു ലഘുവായ കാര്യമാണ് പറയുന്നത് താൻ കുഷ്ഠരോഗിയായിരിക്കുന്നു കുഷ്ഠരോഗിയായിരിക്കുമ്പോൾ അവനോട് പറയുന്നു നീ പോയി ഏഴ് പ്രാവശ്യം കുളിക്കുക അപ്പോൾ നിന്റെ കുഷ്ഠ മാറും നീശുദ്ധമായി തീരും അപ്പോൾ യഥാർത്ഥത്തിൽ അവൻ്റെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ വിടുതലിൻ്റെ വഴിയാണ് അവനോട് പറഞ്ഞത് പക്ഷെ എന്താണ് അവൻ്റെ പ്രതികരണം നോക്കുക അവന് ഇതാ വിഷണ്ണ മനസ്സ് മാത്രമല്ല കോപവും വിഷണ്ണ മനസ്സും എല്ലാം നിറഞ്ഞവനായി അവൻ ക്രുദ്ധിച്ച് പുറപ്പെട്ടു അവൻ പുറത്തു വന്ന് അടുത്ത് തന്നത് എൻ്റെ ദൈവമായ ഗോപയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് തൻ്റെ കൈനോനോ അവൻ പ്രതീക്ഷിച്ചതിങ്ങനെയാണ് വന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ആ കൈ സ്ഥലത്തിന് മീതെ വെച്ച് ഇങ്ങനെ സൗഖ്യമാക്കും എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ എന്നെ ഈ വലിയവനായ എന്നെ ഇത്ര ചെറു ചെറിയ രീതിയിലാണോ കാണുന്നത് ഏർ എന്നുള്ള രീതിയിൽ അവന്റെ മനസ്സിൽ വിഷണ്ണ മനസ്സായിരുന്നു അവന് ആകെ നിരാശയായി അവന് കോപമുണ്ടായി എന്നാൽ അതിനുശേഷം അവന്റെ ഭൃത്യന്മാർ അടുത്തു വന്ന് പിതാവെ പതിമൂന്നാം വാക്യം നീ എന്തിനെ ഇങ്ങനെ പ്രതികരിക്കുന്നത് ഏഹ് ഒരു ചെറിയ കാര്യമല്ലേ നിന്നോട് പറഞ്ഞത് ഏഹ് നീ ഇതിനെക്കാട്ടിൽ വലിയ കാര്യം നിന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നീ ചെയ്യില്ലായിരുന്നു അവന് അതിനു ശേഷം അവൻ തന്നെ തന്നെ താഴ്ത്തി അവന് ഈൽഡ് ചെയ്തു ഈൽഡ് ചെയ്ത് അവൻ ജോർധാനിൽ പോയി ഏഴ് പ്രാവശ്യം മുങ്ങി മുങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ ദേഹം ചെറിയ ബാലൻ്റെ ദേഹം പോലെയായി അവൻ ശുദ്ധനായി തീർന്നു എന്ന് നമ്മളവിടെ വായിക്കുന്നു പ്രിയാ സൗരജന്മരെ നമ്മൾ നമ്മൾ ദൈവസഭയിലായിരിക്കുമ്പോൾ നാം കർത്താവിനെ അറിഞ്ഞ ശേഷം പല ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ കഷ്ടങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ തിരുത്തലുകളിലൂടെ ശാസനങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകേണ്ട മധ്യത്തിൽ അതിൻ്റെ മധ്യത്തിലും നമുക്ക് യേശു നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു ദരിദ്രന്മാർക്ക് വാഗ്ദാനം ചെയ്യുന്നു എളിയവർക്ക് വാഗ്ദാനം ചെയ്യുന്നു നമുക്ക് വിഷണ്ണ മനസ്സോടെ നാം ഇരിക്കേണ്ട ആവശ്യമില്ല ഒരു മുറിപ്പെട്ട മനസ്സോടെ നാം ഇരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒഫൻറ്റഡ് ആയിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല നാം എത്തിച്ച് താഴ്മയുടെ ഒരു വഴിയിൽ നാം പോവുകയാണെങ്കിൽ അവിടെ ഇതാ വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാട ദൈവത്തിന് നൽകുവാനായിട്ട് കഴിയും നമുക്ക് ഓരോരുത്തർക്കും ആ രീതിയിൽ നമുക്ക് അനുഭവിക്കണം നമ്മുടെ അല്ലാതെയുള്ള നമ്മുടെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ തീർച്ചയായും നമുക്ക് വിശ്വാസത്തിൻ്റെ കരങ്ങളെ നീട്ടി നാം ദൈവത്തോട് നമുക്ക് ആ രീതിയിൽ നാം നിരാശപ്പെട്ട് നാം ഇരിക്കേണ്ട ആവശ്യമില്ല കർത്താവ് നല്ലവനാണ് അവിടുന്ന് മതിയായവനാണ് അവിടുന്ന് നമ്മെ മുമ്പോട്ട് നടത്തും അതോടൊപ്പം നമുക്ക് വീണ്ടും ഓർക്കാം കർത്താവിന് തെറ്റുപറ്റുന്നില്ല നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോ സാഹചര്യത്തിൻ്റെ മധ്യത്തിലും ഒരു വ്യക്തിക്കും ഒരു സാഹചര്യത്തിനും നമ്മുടെ സന്തോഷം ദൈവം നമുക്ക് ആഗ്രഹിക്കുന്ന സമാധാനം എടുത്തു കളയുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നമുക്ക് ഈ ഒരു വഴിയിലൂടെ കർത്താവേ ഞാൻ ആരാണ് ഞാൻ മുങ്ങണോ ഞാൻ മുങ്ങാൻ തയ്യാറാണ് ഞാൻ കെരീതു തോട്ടിലിന്റെ അടുത്തേക്ക് പോകണോ അതിന് ഞാൻ തയ്യാറാണ് ഞാൻ അവിടെ സരാഫത്തിലെ വിധവയുടെ അടുത്തേക്ക് പോകണോ അതിന് ഞാൻ തയ്യാറാണ് ഞാൻ അല്ല ഞാൻ വലിയവനാണ് ഞാൻ എന്തിനാണ് ഞാൻ അങ്ങനെ പോകുന്നത് നമുക്ക് തീർച്ചയായിട്ടും നാം മുറിവേൽക്കും നമുക്ക് ഒഫൻറ്റഡ് ആവും നമുക്ക് സന്തോഷം നഷ്ടപ്പെട്ടു പോകും സന്തോഷത്തിൻ്റെ വഴിയിൽ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും അകലെയുള്ള മൻ നാൾക്ക് നാൾ ബലപ്പെടുന്ന ആ ഒരു വഴിയിലേക്ക് പോകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും നമ്മെ സഹായിക്കട്ടെ നമ്മുടെ ഹൃദയദൃഷ്ടിയെ ദൈവം പ്രകാശിപ്പിക്കട്ടെ